യുക്ലം തയ്യാ ശാന്മാതി നൈഷ്ടീ അയുക്േണ ഫലേ സക്ബധ്യത്തെ യുക്രാ കർമാണി കോമി നമ ഫം സമാ കർമ്മഫലം തൃക് മോക്ഷാഖ്യം ശാന്ം നൈഷ്ടീം നിഷാ ഭ സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി സർവകർമ്മസന്യാസ് ജ്ഞാനനിഷ്ഠാക്രമേണോതി യുക്ത കർമ്മഫലം തെക്വാ ശാന്തിമാപ്നോതി നൈഷ്ഠിക്കും യുക്തെന്ന് വെച്ചാൽ യോഗി അതായത് കർമ്മയോഗി വേറൊരർത്ഥം വൺ ഹൂ ഈസ് കണക്ടഡ് എന്നാണ് വാക്കിന് അർത്ഥം യുക്ത എന്നുള്ളത് എന്തിനോട് കണക്ഷൻ അയാൾക്കുണ്ട്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 ആ യോഗസ്ഥിതി നാം ഉദിയാതെ ഉള്ളനിലൈ നാം അതുവായു ഉള്ളനിലൈ ഞാൻ എന്നുള്ള വ്യക്തിത്വം ഉദിക്കാത്ത സ്ഥിതി സത്യാസ്ഥിതി ന അഹമുദേതിയത്ര അഹം ഉദിക്കാത്ത സ്റ്റേറ്റ് ആ സ്ഥിതിയിലിരിക്കുന്ന ആള് അതിലാണ് സുഖമെന്നറിഞ്ഞിട്ട് കർമ്മഫലം തെക്താം കർമ്മഫലത്തിനെ ശ്രദ്ധിക്കാതെ കർമ്മഫലത്തിൽ ആഗ്രഹം വയ്ക്കാതെ കർമ്മം ചെയ്യുന്നത് നിഷ്ഠായാം ഭവാം ശാന്തി അദ്ദേഹത്തിനൊരു ശാന്തി ഉണ്ടാവും ആ ശാന്തി എവിടുന്ന് വരുന്നു നിഷ്ഠായാം ഭവാം എന്നുവെച്ചാൽ ആത്മനിഷ്ഠ കൊണ്ടുണ്ടാവുന്ന ശാന്തിയാണ് ഇറ്റ് ഇസ് നോട്ട് ക്രിയേറ്റഡ് പീസ് ഇറ്റ് ഇസ് നോട്ട് ക്രിയേറ്റഡ് സ്റ്റിൽനെസ് സ്വരൂപത്തിൽ നിന്നുള്ള ശാന്തി അയാളിലേക്ക് ഊറി വരും അതായത് അയാൾ കാണും ഈ ശാന്തിയുടെ തീർത്ഥജലം തന്റെ സ്വാർത്ഥത കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് സ്വാർത്ഥതയിൽ ഒരു വിടവുണ്ടാക്കുമ്പോൾ തന്നെ ആ വിടവിലൂടെ ഈ തീർത്ഥം അല്പമൊഴുകി അയാൾ കാണുന്നത് കൊണ്ട് കർമ്മഫലത്യാഗത്തിൽ മഹത്തായ നിഷ്കൃതി ഉണ്ടെന്നും അതായത് ഫലമുണ്ടെന്നും കർമ്മഫലം ത്യജിക്കപ്പെടുമ്പോൾ അനന്തഫലമുണ്ടാവുമെന്നും ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നു എന്തെന്ത് ഇഷ്ടപ്പെടുന്ന വസ്തു അതിനെയൊക്കെ എനിക്ക് വേണ്ടി ത്യജിക്കാം നിനക്ക് അനന്തത കിട്ടുമെന്ന് എദ്യത് ഇഷ്ടതമം ലോകേ യച്ച മഹ്യം തദാനന്ത്യായ കൽപ്പതയെ നീ അനന്തതയ്ക്ക് പാത്രനായിട്ട് തീരും ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്താ എന്നെ തന്നെ എന്നെ തന്നെ ഇങ്ങോട്ട് അർപ്പിച്ചാലോ ആരും അർപ്പിക്കില്ലേ വായു കൊണ്ടൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ നമ്മളൊരു അമ്പത് പൈസ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് ചുറ്റി പിന്നെ ഇങ്ങോട്ട് ചുറ്റി എന്നിട്ടാണ് ആ ഉണ്ടത് എതിയത് ഇഷ്ടതമം ലോക ഏത് ഇഷ്ടതമമായിട്ടുള്ളതോ എച്ച അതിപ്രിയമാത്മന ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവോ തത്തൻ നിവേദയേൻ മഹ്യം അതൊക്കെ എനിക്ക് നിവേദനം ചെയ്യൂ അതായത് ഇഷ്ടതമമായ വസ്തുവിലും പ്രിയതമമായ വസ്തുവിലും ഞാൻ ഒട്ടിക്കിടക്കുന്നുണ്ട് എൻ്റെ അഭിമാനം ഒട്ടിക്കിടക്കുന്നുണ്ട് എൻ്റെ പേഴ്സണാലിറ്റി അവിടെയുണ്ട് അതിനെ ഞാൻ ഭഗവാൻ അർപ്പിക്കുകയാണെങ്കിൽ ത്യജിക്കുകയാണെങ്കിൽ അഥവാ അർപ്പണം ചെയ്യുകയാണെങ്കിൽ എന്റെ അഹം പോയിപ്പോവും ഭഗവതർപ്പണം ചെയ്യുക എന്നുള്ളതിന് അർത്ഥം എന്താ നമ്മളുടെ ഭാര്യ കുട്ടികളെ എല്ലാത്തിനെയും ഭഗവതർപ്പണം ചെയ്ത് ഭഗവാൻ അംബരീഷ ചരിത്രത്തിൽ ഭാഗവതത്തിൽ പറയുന്നു ഏ ധാരാകാര പുത്രാപ്താന് സർവം സമർപ്പിച്ചിട്ടിരിക്കുന്നു അവരെ അല്ലാതെ എനിക്ക് വേറെ ആരെയും അറിയില്ല അവരെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും എന്നൊക്കെ ദുർവാസാവിനോട് ചോദിക്കും അവര് ഭാര്യയും കുട്ടികളെയും എല്ലാം എന്ന് വെച്ചാൽ ഭഗവാൻ അർപ്പിച്ചിരിക്കണോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം അതിപ്പോ നമ്മളൊക്കെ പറയും എല്ലാം പൂരുവായൂർപ്പനും വിട്ടുകൊടുത്തിരിക്കുകയാണോ എന്ന് പറയും ആ പറയലാണോ പറഞ്ഞോ മതിയോന്ന് അല്ല പിന്നെയോ ഇവരുടെ മേലെയുള്ള കൺസേണും വിഷമവും ഭഗവാന്റെ തലയിലിട്ടിരിക്കുകയാണ് വരുന്തിടും തലവിധി തന്നെ കൊണ്ട് ചെയ്യാവുന്ന ധർമ്മമൊക്കെ ചെയ്യുന്നു തന്റെ മുഖ്യ കർത്തവ്യം അവിടെ ഒന്നുമില്ല ഭഗവത് ആത്മനിഷ്ഠയിലാണ് സ്വരൂപജ്ഞാനത്തിലാണ് അധ്യാത്മ പുരോഗതിയിലാണ് തൻ്റെ ശരീരം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ഇവരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനല്ല ഇവരോടൊക്കെയുള്ള ബന്ധം പാന്ധസംഗമമാണ് കുറച്ച് നേരത്തേക്ക് റെയിൽവേ ട്രെയിനിൽ പോകുമ്പോൾ കൂടെ കാണുന്ന ആളുകളെ പോലെയാണ് ഇവർ കുറച്ച് കാലം മുമ്പ് ഉണ്ടായിരുന്നില്ലേ ഇപ്പം വന്നു കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതായിട്ട് പോകും അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് മുഖ്യ ലക്ഷ്യത്തിനെ മറന്നുകളയാൻ പാടില്ല എന്ന് തീരുമാനിച്ചവനാണ് യുക്തനായിട്ടുള്ളത് അവൻ അവരെയൊക്കെ അതിനുവേണ്ടി അവരൊന്നും വെറുക്കണമെന്നില്ല തൻ്റെ ധർമ്മമനുസരിച്ച് അവർക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ ഭഗവാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് കാണാപ്പുറം വായിക്കരുത് എന്ന് അതായത് അവരുടെ ജീവിതത്തിൽ ഇനി എന്ത് അതിനെക്കുറിച്ചുള്ള കൺസോണോ വിഷമമോ അതൊന്നും ഭക്തനില്ല ഇതാണ് ഉത്തമ ഭക്തൻ്റെ ലക്ഷണം അനുദ്വേഗനാണവൻ ഉദ്വേഗമില്ല യാതൊരു ഉദ്വേഗവുമില്ല ഭക്തന് എന്താന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഞാൻ നോക്കണം എന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിലല്ലേ ഉദ്വേഗം ഒന്നുമേയില്ല ഏത് ശക്തി ഗർഭത്തിലിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ പരിരക്ഷിക്കുന്നുവോ ആ ശക്തി പുറത്തു വന്നാലും ഉണ്ട് ഇറ്റ് ഈസ് വർക്കിംഗ് ഓപ്പറേറ്റിംഗ് അത് നോക്കിക്കൊള്ളൂ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ആവട്ടെ തലയിലെഴുത്തുപോലെ ആവട്ടെ താൻ തന്റെ മുഖ്യ ലക്ഷ്യത്തിന് വിടുന്നേയില്ല അപ്പോഴോ യോഗക്ഷേമം മഹാമ്യഹം എന്ന ഭഗവാന്റെ ആത്മശക്തി അതിനും പ്രവർത്തിക്കേണ്ടി വരും അങ്ങനെ അതാണ് ഭഗവത് അർപ്പണം ചെയ്യൽ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾ ശാന്തിമാപ്പ്നോതിനൈഷ്ഠിക്കും അയാളുടെ ശാന്തി ഒരിക്കലും നഷ്ടമാവില്ല അയുക്ത അങ്ങനെയല്ലാത്ത ആള് കാമക്കാരേണ് അയാളുടെ ഡിസയർ അംബീഷൻ സെൽഫ് ഇൻട്രസ്റ്റ് അത് കാരണം ഫലേസക്ത എപ്പോഴും അയാൾ ചെയ്യുന്നതിന് മുമ്പ് എന്ത് കിട്ടും എന്നാണ് ചോദിക്കാം എന്ത് തരും എന്ത് കർമ്മത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഈ കർമ്മം ചെയ്താൽ എന്ത് കിട്ടും ഫലേ സക്തോ നിബദ്ധ്യത കർമ്മം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ ചിത്തം ഫലത്തിലാണ് അയാൾക്ക് കർമ്മത്തിലില്ല അതുകൊണ്ട് കർമ്മം ചെയ്യുന്നതിന്റെ ആനന്ദമും അയാൾക്കില്ല തന്റെ ഉള്ളിലുള്ള ആനന്ദവും അയാൾക്ക് അത് കഴിഞ്ഞ് വല്ലതും കിട്ടണതിലാണ് ആനന്ദം ആ കിട്ടണ ആനന്ദം എത്ര നേരം ഉണ്ടാവും അല്ലേ അത് കയ്യിൽ വാങ്ങിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും വാസ്തവും അത് പാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് വെച്ചാലോ എന്തെങ്കിലുമൊക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ അത് അതിന്റെ സൂക്കടക്ക് തുടങ്ങും നേരെ മറിച്ച് ആനന്ദം തന്നിലാണെങ്കിൽ അതിനിതൊന്നും കൂടുതലോ കുറവോ ആവുന്നില്ലെങ്കിൽ നഷ്ടം ലാഭമൊക്കെ സമമാണെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഫലം വരുകയും പോവുകയും എന്തു വേണമെങ്കിൽ ചെയ്യുന്നു അതിൽ സക്തനല്ലെങ്കിൽ അയാളുടെ ആനന്ദത്തിന് കർമ്മമോ കർമ്മഫലമോ ഒന്നും കാരണമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര പ്രാക്ടിക്കലാണ് ഈ ഉപദേശം എന്നിട്ടാണ് നമ്മളിത് ഇംപ്രാക്ടിക്കൽ ഇംപ്രാക്ടിക്കൽ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇത്തിരി നമ്മളുടെ ഉള്ളിലുള്ള ഭ്രാന്ത് മാറ്റാനുള്ള മെനക്കടയുള്ളൂ നമ്മളാകപ്പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ആ ഭ്രാന്ത് ഡിസ്ഫങ്ഷൻ ഉള്ളില് ആകപ്പാട് കുഴപ്പമാണ് നമ്മളുടെ മനസ്സ് ഇറ്റ് ഇസ് മിസ് എജ്യുക്കേറ്റഡ് അതുകൊണ്ടാണ് നമ്മൾ ആ കുഴപ്പത്തിൽ ചാടിയിരിക്കുന്നത് നമ്മൾ ആ അറിവിനെ ഒന്ന് തിരുത്തുകയോ വേണ്ടൂ നിങ്ങൾ പണിയെടുക്കേണ്ടെന്ന് പറഞ്ഞില്ല നിങ്ങൾ പണം സമ്പാദിക്കേണ്ടെന്ന് പറഞ്ഞില്ല കിട്ടുന്നത് അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞില്ല ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞു മാഗുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത്കാല സർവം നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം എന്ന് നിങ്ങൾ കർമ്മം ചെയ്തിട്ട് എന്താ കിട്ടണമെന്ന് വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോളാം പക്ഷെ ആ ഫലം വേണമെന്ന അതിൽ ആസക്തി ഒന്നുമില്ല കർമ്മം ചെയ്യുന്ന ആൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി അതിന് ഫലം വരും അതിൽ അയാൾക്ക് വേണ്ടത് വെച്ചാൽ അയാൾക്ക് അനുഭവിക്കാം പക്ഷെ അയാൾക്ക് ആ അനുഭവിക്കുന്നതിലോ ഫലത്തിലോ അല്ല തന്റെ ശാന്തി ആനന്ദം സമുദ്രത്തിൽ നദികൾ വന്ന് ഇറങ്ങുന്നത് സമുദ്രം കവിയുന്നുമില്ല നദികൾ വരാത്തതുകൊണ്ട് സമുദ്രം വറ്റിപ്പോകുന്നുമില്ല എപ്പോഴും ആനന്ദമായിരിക്കുന്നവന് ഫലം വന്നാൽ എന്ത് ഫലം പോയാൽ എന്ത് കർമ്മം ചെയ്യുന്നതിൽ സന്തോഷം അങ്ങനെയുള്ള ആള് യോഗിയാണ് യുക്തകർമ്മഫലം തെക്വാ ശാന് ആപ്പോതി നൈഷ്ടികീം അയുക്ത കാമകാരേണ ഫലേസക്തോ നിപദ്ധ്യത്തെ അയുക്തനായിട്ടുള്ളവൻ ആഗ്രഹം കാരണം ഫലത്തിനെ ചിന്തിച്ചുകൊണ്ട് അവൻ ബന്ധിതനായിട്ട് തീരുന്നു എന്ന് പറഞ്ഞു അടുത്ത ശ്ലോകം സർവകർമാണി മനസാ സന്യസാസ്തേ സുഖം വശീം നവദ്ദേഹ കൂർന്നാമാണി പരിതജ്യ നിത് നൈമിത് കാമ്യം പ്രതിഷിദ്ധം ചരിത്യജ്യ തർക്ക കർമാണ മനസാ വിവേകുദ്ധ്യ പരിതജ്യ കർമാദർശന സജ്യ ആസ്തേ തിഷത്തി സുഖം ആചാര്യസ്വാമിഗളുടെ ഭാഷ്യമാ ശരീരത്തിൻ്റെ കർമ്മങ്ങളെയൊക്കെ എങ്ങനെ ത്യജിക്കണം ബാഹ്യമായിട്ടല്ല ബാഹ്യത്യാഗമല്ല പറയണത് സമ്പൂർണ്ണ ത്യാഗം ബാഹ്യമല്ല സമ്പൂർണ്ണ ത്യാഗമെന്ന് ശ്രീശങ്കരൻ പറയുമ്പോൾ നമുക്ക് ഒരു സംശയമുണ്ടാവണത് അവിടെയാണ് എങ്ങനെയെല്ലാം ത്യജിക്കും ശങ്കരൻ പറയണം നിങ്ങളെ കർമ്മം ശാരീരികമായി ത്യജിക്കാൻ സാധ്യമല്ല നിങ്ങൾ മിണ്ടാതിരുന്നാലും ശരീരത്തിനുള്ള ആക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഉറങ്ങിയാൽ ഉറക്കത്തിൽ നടക്കുന്നുണ്ട് സമാധി എന്ന് പറയുന്ന ഭാവസ്ഥിതിയിലൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ ത്യജിക്കും അപ്പൊ ത്യജിക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ നിത്യം നൈമിത്തികം കാമ്യം പ്രതിഷിദ്ധം എല്ലാം നിത്യകർമ്മം നൈമിത്തിക കാമ്യകർമ്മം പ്രതിഷിദ്ധകർമ്മം ഏത് കർമ്മമാണെങ്കിലും കർത്തൃത്വം ബന്ധിക്കും അപ്പോ ത്യജിക്കുന്നത് നിത്യകർമ്മത്തിനെയല്ല ത്യജിക്കുന്നത് കാമ്യകർമ്മത്തിനെയോ പ്രതിഷിദ്ധകർമ്മത്തിനെയോ അല്ല നേരെ മറിച്ച് ത്യജിക്കുന്നത് എന്താ വിവേകബുദ്ധ്യ കർമാദൗ അകർമ്മദർശനേന സന്ധ്യജ്യയിത്യർത്ഥാണ് വിവേകം കൊണ്ട് ഈ പ്രവർത്തിക്കുന്ന ശരീരമോ മനസ്സോ അതിനകത്തുള്ള അഭിമാനമോ ഒന്നും ഞാനല്ലെന്നും ഇതിനൊക്കെ പുറകിലുള്ള നിത്യശുദ്ധമായ വസ്തുവാണ് താനെന്നും പ്രത്യക്ദർശനമുണ്ടായാൽ കർമ്മം ത്യജിക്കപ്പെട്ടു അതാണ് കർമ്മണി അകർമ്മയ പശ്യേത് എന്ന് പറഞ്ഞത് ഭഗവാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴും അകർമ്മശേഷമായ ആത്മാവിനെ കണ്ടുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് അപ്പൊ വിവേകമാണ് ഇവിടെ വിവേകം കൊണ്ട് കർമ്മം ത്യജിക്കപ്പെടുക എത്ര ചെയ്താലും ഇയാൾക്കൊന്നും ചെയ്യണതായിട്ട് തോന്നണില്ല എത്ര പ്രവർത്തിച്ചാലും ഇയാൾക്ക് പ്രവർത്തിച്ചും തോന്നണില്ല അതിൻ്റെ ഒരു വെയിറ്റ് ഇല്ല ഉള്ളിൽ എന്ന് കർമ്മം ചെയ്യുകയും ചെയ്യുന്നു ചിലപ്പോൾ കർമ്മം വിട്ടുപോവുകയും ചെയ്യും രണ്ടുകൊണ്ടും അയാൾക്ക് ദൂഷ്യമില്ല ഞാനെന്നിഷ്ടൻ ചിലപ്പോൾ നിത്യകർമാനുഷ്ഠാനങ്ങളൊക്കെ സഹജമായി ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ അതൊക്കെ താനേ മരത്തിൽ നിന്നും പഴം ഉണങ്ങി വീണ വീണുപോയി എന്നും വരും എന്തായാലും അയാൾക്ക് അതിൽ കർത്തൃത്വവും ഇല്ല ഞാൻ ചെയ്യണു എന്നുള്ള ഭാവവും ഇല്ല തെക്തവാങ് ചേഷ്ടഹ നിരായാസഹ പ്രസന്ന ചിത്ത ആത്മനഹ അന്യത്ര നിവൃത്ത സർവബാഹ്യ പ്രയോജന ശരീരത്തിന്റെയും വാക്കിന്റെയും മനസ്സിന്റെയും ഒന്നും ചേഷ്ടകളെ ആത്മാവിൽ ആരോപിക്കാതെ നിരായാസ ഒരു ആയാസവും അയാളുടെ ഉള്ളിലില്ല എന്നുവെച്ചാൽ ഓൾവേസ് ഇൻ റെസ്റ്റ് വിശ്രാന്തിയാണ് ശരീരം അങ്ങോട്ട് നടക്കും നടക്കും പ്രവർത്തിക്കുകയും ചെയ്യുക ചെയ്യും സദാ വിശ്രാന്തനാണ് ഹീസ് ഇൻ ഡീപ് ക്വാറ്റിറ്റ്യൂഡ് ഓൾവേസ് രമണ ഭഗവാനെ കണ്ടവർക്കൊക്കെ അതൊരു അനുഭവമാണ് എന്തൊക്കെ മഹർഷി ചെയ്തുകൊണ്ടിരുന്നാലും കാണാം അദ്ദേഹം എപ്പോഴും ശാന്തനാണ് ആയാസം നിരായാസനാണ് വിശ്രാന്തനാണ് വിശ്രാന്തിമാസാദ്യ തുരിയതൽപ്പേ വിശ്വാദ്യ അവസ്ഥ ത്രിതരോപരി ഉപരിസ്ഥേ മൂന്നവസ്ഥകൾക്കൊപ്പമുള്ള തുരിയ വസ്തുവിനെ തന്നിൽ കണ്ട് അതിൽ ഒരു ചലനവും സാധ്യമല്ലെന്നും ആ സത്തയിൽ ഒരു കർമ്മവും സ്പർശിക്കുന്നില്ലെന്നും അതാണ് തൻ്റെ സ്വരൂപമെന്നും റെക്കഗ്നീഷൻ ഉണ്ടായ ആളെയാണ് ഇവിടെ അകർമ്മദർശി എന്ന് പറയുന്നത് അയാൾ അകർമ്മദർശിയാണ് അപ്പോ സർവകർമാണി മനസാസന്യസേ അവകൊണ്ട് സന്യസിച്ചു അയാൾ എന്നിട്ടോ നവദ്വാരേ പുരേ ഈ ശരീരത്തിനാണ് നവദ്വാരപുരം എന്ന് പേര് നൈവക്കുറവൻ ന കാരയൻ ഈ ശരീരം പലതും ചെയ്യുമ്പോഴും ആ ദേഹി അതിനകത്ത് നിശ്ചലതയെ കണ്ടതുകൊണ്ട് ഒന്നും ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നില്ല നൈവകുർവൻ ന കാരയൻ നിവൃത്ത സർവബാഹ്യപ്രയോജന ബാഹ്യമായ ലോകത്തിൽ നിന്നും തനിക്ക് ഇനി ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് നിവൃത്തനായി ശാന്തനായി സുഖമായി ഇരിക്കുന്നു അങ്ങനെ ഇതാണ് ജ്ഞാനനിഷ്ഠയുടെ പരമകാഷ്ഠ എന്ന് പറയണത് ഇവിടെ ശാന്തി സഹജമായിട്ട് തീർന്നു കർമ്മവിമുക്തി സഹജമായിട്ട് തീർന്നു ആ സ്ഥിതിയിൽ അപ്പോ നമുക്കൊരു സംശയം വരും ഭഗവാൻ നമ്മൾക്ക് കർത്തൃത്വം വെച്ചിട്ടില്ലേ എല്ലാവരും ഗീതയെ ഈസിയായിട്ട് കോട്ടയണത് അങ്ങനെയാണ് ഗീതയിൽ കൃഷ്ണൻ എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ അവൻ്റെ ഡ്യൂട്ടി ചെയ്യാം ഞാൻ അതുകൊണ്ട് ഗീതയെ ഫോളോ ചെയ്യുന്ന ആളാണ് ഒരുപാട് ആളുകൾ പറയും വളരെ അഭിമാനത്തോടെ പറയും ഞാൻ ഗീതയിൽ പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യും അടുത്ത ദിവസം ചിലപ്പോ പാരാലിറ്റിക് അറ്റാക്ക് വന്ന് കയ്യും അനക്കാൻ വയ്യ കാലും അനക്കാൻ വയ്യ അപ്പോൾ അദ്ദേഹത്തിനോട് എന്താ ഡ്യൂട്ടി ചെയ്യാൻ പോണില്ലേ പറ്റണില്ല ഡ്യൂട്ടിയൊക്കെ ചെയ്യണമെന്നുണ്ട് പറ്റില്ല അപ്പൊ ആരാ ഈ ഗീത പറഞ്ഞ പോലെ ചെയ്യാൻ പോണപ്പോ അപ്പൊ ഗീതയൊക്കെ പറഞ്ഞു ഡ്യൂട്ടി ചെയ്യണമെന്ന് കൃഷ്ണൻ പറഞ്ഞു ഒരു പാരാലിറ്റിക് അറ്റാക്ക് വന്ന് അനങ്ങാൻ വയ്യാത്ത ആളുടെ അടുത്താണ് കൃഷ്ണൻ പറയണത് മൺവെട്ടി എടുത്ത് കിളക്കേണ്ടതാണ് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും ഏറ്റവും വലിയ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണിത് നമ്മൾ ആ എല്ലാ മതാചാര്യന്മാർക്കും പോലും വന്നിട്ടുള്ള ഒരു അതായത് ആളുകൾക്ക് സ്വയം കർത്തൃത്വം ഉണ്ടെന്ന് ധരിച്ചിട്ട് നിങ്ങൾ ഇന്നത് ചെയ്യൂ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ വിധിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യുവല്ലോ എല്ലാവരും ആ മഹാമാരിയുടെ കയ്യിൽ വെറും യന്ത്രമാണ് പിന്നെ അപ്പം നമ്മളെങ്ങനെ ഫ്രീയാവും ഈ അറിവുള്ളിലുണ്ടാവട്ടെ അതാണ് അടുത്ത ശ്ലോകം നർത്തൃത്വം നർമാണി ലോകതി പ്രഭു നമ്മഫലം സ്വഭാവസ്തു പ്രവർത്ത നൃത്വം സ്വത കുരു നി കർമാണി ഈ പ്രഭു ആത്മാ ഉത്പാദയത്തിമഫലസംയോ ഉത്പാദയത്തി പ്രവർത്തനത്തെ സ്വഭാവസ്വഭാവ അവിദ്യലക്ഷണ പ്രകൃതി അപ്പോ അന്തരീയാമേ ഉള്ളിലുള്ള നമ്മളുടെ യഥാർത്ഥ സ്വരൂപം ഒരു കർമ്മവും ചെയ്യുന്നില്ല ഒന്നും ചെയ്യിപ്പിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തില് ജടശരീരം തനിയെ ചെയ്യുവോ അതിന് കർത്തൃത്വം ശരീരം എവിടെയെങ്കിലും ഞാൻ പറയണ്ടോ ഒരാളുടെ കൈ മുറിച്ചു മാറ്റിയാൽ ആ കൈക്ക് ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടാവുമോ ഇന്ന ആളുടെ കൈ അത് കാല് മുറിച്ചു മാറ്റിയാൽ ആ കാലിന് പ്രത്യേകിച്ചൊരു ഞാൻ എന്ന അനുഭവം ഉണ്ടോ ഇല്ല അതിനും കർത്തൃത്വം ശരീരത്തിനുമില്ല ആത്മാവിനുമില്ല പിന്നെ ആരാണ് ശരീരവുമല്ല ആത്മാവുമല്ലെങ്കിൽ പിന്നെ ആരാണ് ഞാൻ കർമ്മം ചെയ്യണു ഞാൻ കർമ്മഫലം അനുഭവിക്കുന്നു എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ദുഃഖമുണ്ട് എനിക്ക് സംസാരം എന്നൊക്കെ പറയുന്നത് എന്താണ് സ്വഭാവ അഹങ്കാരം അതിനെയാണ് സ്വഭാവം എന്ന പേര് നമ്മളുടെ പേഴ്സണാലിറ്റി പേഴ്സണൽ ഇമേജ് അതെങ്ങനെ വന്നു എത്രയോ കാലമായിട്ടുള്ള അവിദ്യാകർമ്മത്തിൻ്റെ പരിണത ഫലമാണത് അതെങ്ങനെയോ വന്നു വന്നിട്ടുണ്ടപ്പോ അതെങ്ങനെ പോവും ആ സ്വഭാവം എന്താണെന്ന് അന്വേഷിച്ചാലേ അത് പോവുള്ളൂ അതിനെ അംഗീകരിച്ചിരിക്കുകയാണ് നമ്മൾ ഒരു ഭൂതം ഉള്ളിൽ കയറിക്കൂടിയിരിക്കുകയാണ് ചൈതന്യത്തിനെയും അത് ദ്രോഹിക്കുന്നു ജടത്തിനെയും അത് ദ്രോഹിക്കുന്നു രണ്ടിൻ്റെയും നടുവിൽ നിന്നിട്ട് അതിന് ചിത് ജഡഗ്രന്ഥി എന്ന് പേര് അത് ചിത്തുമല്ല ജഡവുമല്ല ഹൃദയഗ്രന്ഥി എന്ന് പേര് അത് ശരീരത്തിനും വിഷമമുണ്ടാക്കുന്നു ചൈതന്യത്തിനും വിഷമുണ്ടാക്കുന്നു ചൈതന്യത്തിന് ബന്ധകാരണമാവുന്നു ശരീരത്തിന് ദുഃഖകാരണമാവുന്നു ആയാസ അതിനാണ് ആ അഹങ്കാരം അജ്ഞാനം ആണ് രണ്ടിനും നടുവിൽ നിന്നിട്ട് ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണെന്നൊക്കെ പറയണത് എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാലും പിന്നെയും അത് പുറപ്പെട്ടിട്ട് ജ്ഞാതേവസ്തുനി അപ്പി ബലവതീവാസന അനാതിരേഷ കർത്ത ഭോക്താപ്യഹം ഇതി ദൃഢാസ്യ സംസാരഹേതു പ്രത്യദൃഷ്ടയാത്മനി നിവസതാ സാപനേയാ പ്രയത്നാ മുക്തിഹു തതിഹ മുനയോ വാസനത്താനവം യത്ത് ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറഞ്ഞു നല്ലവണ്ണം ശാസ്ത്രവിചാരമൊക്കെ ചെയ്തൊക്കെ അറിഞ്ഞാലും ബലമായി തള്ളിപ്പുറപ്പെടുന്ന അഹന്ത ഉള്ളെന്ന് വന്നിട്ട് കർത്താഭോക്താവി അഹമിതി ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണെന്ന് തള്ളിപ്പുറപ്പെടും അതിൽ നമ്മൾ നായായിട്ടിരുന്നതും പൂച്ചയായിട്ടിരുന്നതും എലിയായിട്ടിരുന്നതും പുലിയായിട്ടിരുന്നതും ഭൂതമായിട്ടിരുന്നതും എല്ലാത്തിൻ്റെ അംശവും അഹന്തയിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത്ര എനിക്ക് സയൻസ് ഒന്നും വലിയ വിവരമില്ല എന്നാലും അവിടെ എവിടെയൊക്കെ ഒത്തിരി ഒക്കെ വായിക്കും അപ്പോ എവിടെയോ കണ്ടു നമ്മളുടെ ഉള്ളില് ഉള്ള ഡി എൻ എൽ എല്ലാ മൃഗങ്ങളുടെയും എല്ലാ ജീവികളുടെയും അംശം അതിൻ്റെയൊക്കെ ഫുഡ് പ്രിൻസ് കാണാം എന്നാണ് അവരിലൊന്നും മനുഷ്യനെ കാണാൻ പറ്റില്ല ഈ ഡി എൻ എന്താ ഈ ഞാൻ എന്നുള്ള അഭിമാനത്തിന്റെ അഹങ്കാരത്തിന്റെ ഓരോ രൂപമാണ് അത് മുഴുവനുമേ അതിലൊക്കെ എത്രയോ ജന്മങ്ങൾ ട്രാവൽ ചെയ്തു വന്നതിന്റെ മുഴുവൻ അംശം അതിനകത്തുണ്ട് അതാണ് പറഞ്ഞത് എല്ലാരും മനുഷ്യരൊക്കെ മാനുഷരെല്ലാരും ഒന്നുപോലെ നോക്കി പറയാം ഒന്നുപോലെയൊന്നും ആവില്ല മനുഷ്യ ഒന്നുപോലെ ഇരിക്കും പലപ്പോഴും മനുഷ്യ ശരീരം ശരീരം മാത്രമേ മനുഷ്യന്റെ ഉള്ളൂ തൊണ്ണൂറ്റി ശതമാനം മൃഗവും ഒരു ശതമാനവും മനുഷ്യനുമായിട്ടാണ് അവസ ആദ്യം ശരീരം എടുത്ത് വരുന്നത് പതുക്കെ പതുക്കെ ഈ ജീവൻ ജ്ഞാനവിചാരം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇയാളിൽ ഏകദേശമൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് തൻ്റെ അഹന്തയെ തൻ്റെ സ്വഭാവത്തിനെ ഇയാൾ മാറി നിന്ന് കാണുന്നത് ആ സ്വഭാവത്തിൽ ഈ അംശമൊക്കെ കാണും ചിലപ്പോൾ വരുന്നു ചിലപ്പോൾ ആരെങ്കിലും നമ്മളുടെ സാധനം എടുത്തുകൊണ്ടു എന്ന് തോന്നുന്നു അസൂയ വരുന്നു ഇതൊന്നും നമ്മളുടെ സഹജമല്ല നായ്ക്ക് ഇത്തിരി കൊടുക്കുമ്പോൾ മറ്റേ നായ അടുത്തു വരുമ്പോൾ ഒരന്ന് ശബ്ദിക്കണില്ലേ അതൊക്കെ ഇവിടെ കാണാം ഉണ്ടോ ഇല്ലയോ ഒക്കെ കാണാം നമുക്ക് നമ്മൾ ഇത്തിരി പഠിച്ചതൊക്കെ കൊണ്ട് പുറമേക്ക് ഓർമ്മത ഉള്ളിൽ വയ്ക്കും അത്ര തന്നെ പല സ്വഭാവങ്ങളും കാണാം നമുക്ക് ഇതിനകത്ത് കുരങ്ങിനെ പോലെയുള്ള സ്വഭാവം കാണാം നായിനെ പോലെയുള്ള സ്വഭാവം കാണാം പൂച്ചയെ പോലെയുള്ള സ്വഭാവം കാണാം അതിൻ്റെയൊക്കെ അംശം ഈ അഭിമാന കാണും ആ സ്വഭാവം അതായത് ഒരു ഭൂതം ആവേശിച്ചു കഴിഞ്ഞാൽ ആ ഭൂതം നല്ല സദാചാര കുടുംബത്തിൽ ജനിച്ച ഒരാളുടെ ഉള്ളിലേക്ക് ഭൂതം കയറിയിട്ട് കള്ളുകുടിക്കൂ മാംസം ഭക്ഷിക്കൂ എന്നൊക്കെ അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് അയാൾ ചെയ്യണ പോലെ ഭൂതം തന്നെയാണത് ഭൂതം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊരു സാധനമില്ല അഭിമാന വൃത്തി തന്നെയാണ് ഭൂതം അത് നമ്മളെ എന്തൊക്കെ തന്നെ നമ്മൾ നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് എന്താ ചീത്തയുടെ ഒരു എലമെന്റ് നമ്മളുടെ ഉള്ളിൽ നമ്മളെ കൊണ്ട് ചീത്തയിലേക്ക് കൊണ്ട് തള്ളിക്കളയും അതുകൊണ്ടാണ് അധ്യാത്മികത നല്ലത് ചെയ്യുന്നതിലല്ല ചീത്തയെ ഇല്ലാതാക്കുന്നതിലാണ് അധ്യാത്മികതയുള്ളത് നല്ലത് ചെയ്യുന്നതിനേക്കാളും ചീത്തയെ ഇല്ലാതാക്കുന്നത് കൊണ്ട് ലോകത്തിനും മംഗളം ഉണ്ടാവും നമ്മളുടെ ഉള്ളിലുള്ള ചീത്തയെ ഇല്ലാതാക്കാതെ നമ്മൾ നല്ലത് ചെയ്യാൻ പുറപ്പെട്ടാൽ ഈ ഉള്ളിൽ കിടക്കുന്ന ചീത്ത ഞാൻ നല്ലത് ചെയ്യുന്നു എന്നുള്ള അഭിമാനത്തിൻ്റെ രൂപത്തിലോ പുറപ്പെട്ട് ആസുരീഭാവുണ്ടാക്കും எல்லாம் உண்டோட இந்த எசென்ஸ் நேரே மறச்சு நல்லது செய்யண்டா என்னால சீதையே இல்லாதாக்கன் स्ट्रेस முழுதெல்லாம் கொடுத்தால் ஏண்டாவும் நேச்சுரலா இயல்டுளுந்து நல்லது வரும் பாசிட்டிவ் ஆக்சன்ஸ் ஆர் लेस இம்பார்ட்டன்ட் தென் ரிமூவிங் நெகட்டிவ் ஆக்சன்ஸ் negativities should be wiped out then naturally noble actions will pour forth namaku dushyamay idam kamam krodham adu kondana social service ninna rishikal prathege chori importance kodukattadu avaru parannu ningalde ullile dveshamum asuyiyum kamavum krodham okke vechonde ningalu samuhathile seva ennu parney irangi kayiyumbo ningalu cheyna nallathilu muluvan ee vasaneyokka kalakum നേരെ മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ദൂഷ്യമൊക്കെ കഴിയുന്നതും നീക്കി നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്നാലും ആ ഉള്ളിലുള്ള ഡൈനോമോ വളരെ പവർഫുള്ളാണ് അത് ലോകത്തിന് മുഴുവൻ മംഗളം ചെയ്യും ആളുകൾക്കിതിൽ വിശ്വാസം പോരാ ആളുകൾക്ക് കർമ്മത്തിലാണ് വിശ്വാസം അങ്ങനെയൊക്കെ മതിയോ എന്നാണ് അതുകൊണ്ടാണ് ആ നെഗറ്റിവിറ്റീസിനെ നീക്കുന്നതിനാണ് സ്ട്രെസ് കൂടുതൽ കൊടുക്കേണ്ടത് അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളത് തനിയെ ഉണ്ടായിക്കോളും ഈ ഒരു തത്വം നേരെ ആഴത്തിൽ പോകണം പുള്ളിയിൽ അപ്പൊ കുഴപ്പം വളരെ കുറയും അപ്പോ ന കർത്തൃത്വം ന കർമാണി ലോകജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത ഈ സ്വഭാവം പ്രവർത്തിക്കുന്നുണ്ടല്ലോ ആ സ്വഭാവത്തിൻ്റെ ഒരു ചലനത്തിന് ചലനവും ആത്മാവിനെ ബാധിക്കുന്നില്ല ഈ സ്വഭാവം ചെയ്യുന്നു സ്വഭാവം തന്നെ അനുഭവിക്കുന്നു സ്വഭാവം പുണ്യം ചെയ്തു സ്വഭാവം പുണ്യം അനുഭവിക്കും സ്വഭാവം പാപം ചെയ്ത് സ്വഭാവം പാപം അനുഭവിക്കും എനിക്ക് സുഖം എനിക്ക് ദുഃഖം എന്ന് നമ്മൾ ആ സ്വഭാവത്തിനോട് താതാത്മ്യം പ്രാപിച്ചിട്ട് പറയുകയാണ് ആ സ്വഭാവത്തിൽ എത്ര കാലം താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു അത്ര കാലം സ്വരൂപത്തിനെ നമ്മൾ അറിയില്ല നമ്മൾ രണ്ടെണ്ണമാണ് ഉള്ളത് ഒന്ന് സ്വഭാവവും ഒന്ന് സ്വരൂപവും സ്വരൂപം നമ്മളുടെ റിയൽ പേഴ്സണാലിറ്റിയാണ് സ്വഭാവം നമ്മളുടെ പേഴ്സണാലിറ്റിയാണ് ഇമേജാണ് മാസ്ക്കാണ് സൊസൈറ്റി സമൂഹം എന്ന് പറയണത് സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ് അധ്യാത്മികം എന്ന് പറയണത് സ്വരൂപത്തിലധിഷ്ഠിതമാണ് സ്വഭാവമില്ലാതെ സമൂഹത്തിൽ നിൽക്കാൻ പറ്റില്ല സ്വരൂപമില്ലാതെ അധ്യാത്മത്തിലേക്ക് വരാൻ പറ്റില്ല സ്വഭാവത്തിനെ സ്വരൂപജ്ഞാനവും വെച്ചുകൊണ്ട് അധ്യാത്മികത്തിൽ നിൽക്കുന്ന പോലെ സമൂഹത്തിൽ നിൽക്കാൻ പറ്റില്ല സമൂഹത്തിൽ എല്ലാവരും സ്വഭാവവും വെച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് സ്വഭാവത്തിന് അവിദ്യ എന്ന പേര് സ്വരൂപത്തിന് വിദ്യ എന്ന പേര് വിദ്യയെ അറിഞ്ഞ് അവിദ്യയെ നീക്കിയവൻ പുറത്തുപോയി പോകും അതുകൊണ്ട് അയാൾ ലോകത്തിന് കുറച്ച് വിഷമിക്കും നേരെ വിദ്യയെ അറിയാതെ സ്വാഭാവ സ്വഭാവത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ലോകത്തിൽ ജീവിക്കുന്ന ആള് കൂരാക്കൂരിട്ടിലേക്ക് പോവും അതുകൊണ്ട് വിദ്യയെ അറിഞ്ഞ് അമൃതത്വം നേടി അവിദ്യയാവുന്ന സ്വഭാവത്തിനെ മൃത്യുവെന്ന് അറിഞ്ഞ് പതുക്കെ പതുക്കെ യജിച്ചു നീക്കിക്കൊണ്ട് സമൂഹത്തിൽ ജീവിക്കുന്നവൻ പൂർണ്ണനായിട്ട് തീരും ഇതാണ് ഈശാവാസ്യ ഉപനിഷത്ത് മന്ത്രത്തിൻ്റെ ഗൂഢപൊരുളും വിദ്യാംശ അവിദ്യാംശ യസ്ഥത്വേദ ഉഭയകും സഹ വിദ്യയാ മൃത്യു അവിദ്യയാ മൃത്യും തീർത്തുവ വിദ്യയാ അമൃതമശ്ണുതേ അപ്പോ നൃത്വം നർമാണി ലോകതി പ്രഭു നമ്മഫലോം സ്വഭാവസ്തു പ്രവർത്തേ അടുത്ത ശ്ലോക നോക്കു നദത്ത് കച്ചചിത് പാപം നവസു വിഭു അജ്ഞാനാവൃതം ജ്ഞാനം തേന മുഹ്യം ജവ ആദത്തെ ന ച ഗൃഹാതി ഭക്താപി കസ്യചിത് പാപം അന്തര്യാമിയായിട്ടുള്ള പ്രഭു ഭഗവാൻ ഭക്തന്റേതാണെങ്കിൽ പോലും പാപത്തിനെ ഒന്നും ഭഗവാൻ സ്വീകരിക്കണില്ല സുകൃതം വിപുഹു നചൈവ ആദത്തെ സുഹൃതം ഭക്തൈ പ്രയുക്തം വിപുഹു ഭക്തന്മാരുടെ ആണെങ്കിലും അഭിമാനത്തോടുകൂടെ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലത്തിനെ ഭഗവാൻ ഏൽക്കണില്ല കിർത്ഥം തർഹി ഭക്തൈഹി പൂജാതിലക്ഷണം യാഗദാന ഹോമാതികം ചു സുഹൃതം പ്രയുജ്യതേ തിച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമാണ് ആചാര്യസ്വാമികൾ പറയുക അങ്ങനെയാണെങ്കിൽ ഈ ആളുകള് പൂജയും യാഗവും ദാനവും ഹോമവും മുതലായിട്ടുള്ള പുണ്യകർമ്മങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആഹാ അജ്ഞാനേന ആവൃത്തം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവാഹ ജ്ഞാനം കൊണ്ട് അകർത്തൃത്വരൂപമായിട്ടുള്ള ആത്മാവിന്റെ സ്വരൂപം മനസ്സിലാകാത്ത അജ്ഞാനം കൊണ്ടാണ് മൂഢന്മാർ ലോകത്തിൽ പലതും ചെയ്യണത്താണ് നിങ്ങൾ നല്ലതായാലും ശരി എന്താ നിരു ചൊല്ലറ് അജ്ഞാനേനാവൃതം ജ്ഞാനം വിവേകവിജ്ഞാനം തേന മുഹ്യന്തി കരോമി കാരയാമി ഭോക്ഷ്യേ ഭോജയാമി ഇത്യവം മോഹം ഗി അവിവേകന സംസാരിണ ജവ ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യിപ്പിക്കുന്നു ഞാൻ ഭുജിക്കുന്നു ഞാൻ മറ്റുള്ളവരെ ഭുജിപ്പിക്കുന്നു എന്നൊക്കെ രീതിയിൽ അഭിമാനരൂപത്തിലുള്ള മോഹം അതിനടിമപ്പെട്ട് സംസാരികൾ ദുഃഖത്തിനു മേലെ ദുഃഖം അനുഭവിക്കുന്നു ഇനിയെന്തിനാ നമ്മളുടെ ഋഷികളൊക്കെ തന്നെ ആരാധനയും പൂജയും എല്ലാം സമ്മതിച്ചു തന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ലൗകിക വ്യവഹാര കർമ്മങ്ങളിൽ നിന്ന് മാറി എന്തോ ചെയ്യാൻ പുറപ്പെട്ടിട്ടുണ്ടല്ലോ ചെയ്യൂ പതുക്കെ പതുക്കെ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ഏതുള്ളതുകൊണ്ടാണോ കുഞ്ഞെ നീ ഉപാസിക്കുന്നത് ഏതാണോ നിന്നിൽ ഉപാസനയ്ക്ക് ആശ്രയമായിരിക്കുന്നത് അതാണ് നീ അന്വേഷിക്കുന്ന പൂർണ്ണ വസ്തു നേതം യതിതം ഉപാസതേ ഈ ഉപാസിക്കുന്ന വസ്തുവല്ല ഉപാസകനിൽ ആ വസ്തു കുടികൊള്ളുന്നു എന്ന ശ്രദ്ധയെ ഉള്ളിൽ തിരിച്ചുവിടാനാണ് ഇതൊക്കെ സമ്മതിച്ചു തന്നിരിക്കുന്നത് അല്ലാതെ ഈ കർമ്മകലാപത്തിന്റെ ബഹളം കൂട്ടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ എന്താ ഈ ബഹുഭൂരിപക്ഷവും ഈ കർമ്മകലാപത്തിൽ പെട്ടുകിടക്കുന്നു അല്ലാതെ അബദ്ധത്തിൽ പോലും സ്വരൂപജ്ഞാനത്തിലേക്ക് തിരിയുന്ന തിരിയുന്നതായിട്ട് കാണുന്നില്ല എവിടെയെങ്കിലുമൊക്കെ ഒരു ജീവൻ പക്വപ്പെട്ടിട്ട് താൻ ആരാണ് സ്വരൂപം എന്താണെന്നൊക്കെ ചോദിച്ച് ഞാൻ കർത്താവോ ഭോക്താവോ അല്ല നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ സത്യമാണ് എന്ന് പറയുന്നു അങ്ങനെയല്ലാത്ത ആളുകള് അജ്ഞാനേനാവൃത്തം ജ്ഞാനം ജ്ഞാനം എല്ലാവരുടെ ഉള്ളിലുമുണ്ട് ജ്ഞാനം എന്ന് വെച്ചാൽ ആത്മസ്വരൂപം എല്ലാവരുടെ ഉള്ളിലും സിദ്ധമാണ് അജ്ഞാനമാവുന്ന മേഘം അതിനെ മറച്ചിരിക്കുന്നത് കൊണ്ട് പുണ്യവും പാപവും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു കിമഹം പാപമകരവം ഞാൻ പാപം ചെയ്തുവോ പുണ്യം ചെയ്തുവോ ഇങ്ങനെയൊക്കെ ഓരോ ചിന്തകളും ഉണ്ടായിക്കൊണ്ട് സത്യത്തിനെ അറിയാതെ കർത്തൃത്വത്തോടുകൂടെ പ്രവൃത്തികൾ പെരുത്തുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മൾ ചെയ്യുന്ന പുണ്യമോ പാപമോ ഒന്നും ആത്മാവിനെ ബാധിക്കുന്നേയില്ല നമ്മളുടെ സ്വഭാവത്തിനെ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് സ്വഭാവത്തിൽ പുണ്യത്തിൻ്റെ ഫുട് പ്രിൻസ് ചില സുഖ സംസ്കാരമായിട്ടും പാപത്തിൻ്റെ ഫുട് ചില ദുഃഖ കൂടി നമ്മളുടെ ഈ നമ്മളുടെ യഥാർത്ഥ സ്വരൂപമല്ലാത്തതായ വ്യക്തിത്വത്തിനെ നിലനിർത്തിക്കൊണ്ടേയിരിക്കും വീണ്ടും വീണ്ടും ആ വ്യക്തിത്വമാണ് ശരീരം വീണ് കഴിയുമ്പോൾ വേറൊരു ജന്മം വേറൊരു ജന്മം വേറേ ജന്മം വേറൊരു ജന്മം പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ചിലപ്പോഴൊക്കെ നല്ല പണക്കെ കുടുംബത്തിൽ ജനിക്കും പറയും നമ്മളുടെ മുത്തശ്ശൻ ചെയ്ത പുണ്യം ഒക്കെ പണമൊക്കെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ലക്ഷം ഉറപ്പ്യ കൊടുത്ത് മറ്റേ കഥ പറഞ്ഞ പോലെ ശാപ്പാട് കഴിക്കാം എല്ലാത്തിനും വേണ്ട വക വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു യക്ഷയെ ദാസ്യാമി മോതിഷ്യേ ഇത്യാജ്ഞാന വിമോഹിതാ ഭഗവാൻ തരന് പറയുന്നുണ്ട് ഞാൻ ധാരാളം ചെയ്യുന്നു പൂജ ചെയ്യുന്നു ഹോമം ചെയ്യുന്നു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എത്ര കൂണു കൊടുക്കണു എല്ലാം പറയും ഇത്യാജ്ഞാന വിമോഹിത ചീത്തകർമ്മങ്ങളിലാണെങ്കിലും അവിടെ പിന്നെ പറയേ വേണ്ട അവിടെ ആസുരിയും മോഹിനിയും പ്രകൃതിയും ആശ്രിതാഹ ആസുരഭാവത്തിനെ ആശ്രയിച്ച് ആരെ തട്ടിയിട്ടാണെങ്കിലും വേണ്ടില്ല പറ്റിച്ചാണെങ്കിലും വേണ്ടില്ല എനിക്ക് സുഖം അനുഭവിക്കണമെന്ന് അവിടെ പോയി പ്രവർത്തിക്കും ഇതൊക്കെ തന്നെ ഉള്ളിലുള്ള ഈ ഭൂതം ആ ഭൂതം നമ്മളൊക്കെ ഭൂതമാണ് നടമാടുന്ന ഭൂതങ്ങളാണ് നമ്മളൊക്കെ ആ അഹമെന്താണ് ഞാൻ എന്താണ് ഞാൻ ആരാണ് എന്ന് വിചാരജ്ഞാനം കൊണ്ട് ജ്ഞാൻ എന്ന ഈ അഹങ്കാരത്തിനെ അന്വേഷിച്ചു നോക്കി അതിനെ മൂലത്തിൽ അടക്കിക്കളയുമ്പോൾ സൂര്യതുല്യം അവിടെ ആത്മതത്വം പ്രകാശിക്കും അജ്ഞാനം നീങ്ങുമ്പോൾ ജ്ഞാനം പ്രകാശിക്കും ആ ജ്ഞാനം നമ്മളെ സ്വതന്ത്രമാക്കും യാതൊന്നും നമ്മളെ സ്പർശിക്കുന്നില്ലെന്നറിയും കർമ്മണാനോ വർദ്ധതേനോ എന്നൊക്കെ ഉപനിഷത്ത് പറയുന്ന കർമ്മം കൊണ്ട് അയാൾ വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യാത്ത പൂർണ്ണത്തിൽ പ്രതിഷ്ഠിതനായിട്ട് അതാണ് ഗുണാതീതസ്ഥിതി ഗീതയുടെ ലക്ഷ്യസ്ഥാനം എന്നൊക്കെ പറയണത് അതിലേക്ക് ആണ് ഭഗവാൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അടുത്ത ശ്ലോകം നോക്കൂ ജ്ഞാനേനതു തദാനം ഏഷാം നാശിതമാത്മന തേഷം ആദിത്യവ്ഞാനം പ്രകാശയതി തൽപരം ഇ മൂന്ന് ശ്ലോകം നൃത്വം നമ്മൾ ലോക സൃജതി പ്രഭു നമ്മഫലോം സ്വഭാവസ്തു പ്രവർത്തക പാപം നുതം വിപു അജ്ഞാനാവൃതം ജ്ഞാനം തേന മുഹ്യം ജവഹ ജ്ഞാന താശിതം ആത്മന തം പ്രകരം ഇ മൂന്ന് ശ്ലോകം ഓർമ്മവച്ചാൽ നല്ലവണ്ണം മനനം ചേട്ടാൽ കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ സത്യം പ്രകാശിക്കും അസ്ഥാമലകം പോലെ ഉള്ളം ജലം പോലെ സത്യത്തിനുള്ളിലടക്കം നമ്മളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ നമുക്ക് മാറും ജ്ഞാനം കൊണ്ട് അജ്ഞാനം നീങ്ങുവാണ് വെളിച്ചം കൊണ്ടുവന്നാലേ ഇരുട്ടു പോളൂ ഇരുട്ടിനെ തല്ലി ഓടിക്കാൻ പറ്റുമോ ഇരുട്ടിനെ മന്ത്രം ജപിച്ച് നീക്കാൻ പറ്റുമോ ഇരുട്ടിനെ ആവാഹനം ചെയ്ത് നീക്കാൻ പറ്റുമോ ഇത് മുഴുവൻ അവിദ്യാപഠനമാണ് അവിദ്യ കൊണ്ടാണ് കർമ്മങ്ങൾ പെരുത്തുവരുന്നത് സ്വാഭാവികാവിദ്യ സഹിക്കാം സ്വാഭാവികാവിദ്യ എന്താ നമ്മൾ കൊണ്ടുവരുമ്പോൾ പൂർവജന്മത്തിൽ ചെയ്ത അബദ്ധം കാരണം ഈ ജന്മത്തിൽ ചെയ്യുന്ന സ്വാഭാവികാവിദ്യ സഹിക്കാം പക്ഷേ നമ്മളായിട്ട് പെരുപ്പിക്കുന്ന അവിദ്യ നമുക്ക് വലിയ ബന്ധകാരുമായിട്ട് തീരും അപ്പൊ അതൊന്ന് ഒഴിയാൻ എന്താ വഴി നമ്മളെ ആദ്യം നമ്മൾ അറിയണം നമ്മളെക്കുറിച്ച് തന്നെ വി ഷുഡ് ഹാവ് എ റൈറ്റ് വിഷൻ നമ്മൾ എന്താണ് ഞാൻ ആരാണ് സദാ ഞാൻ ഞാൻ എന്ന് പറയേണ്ടല്ലോ ഒപ്പൊക്കെ ഇടേണ്ടല്ലോ ഈ ഒപ്പിടുന്ന ആളാണോ ഞാൻ ഈ ശരീരമാണോ ഞാൻ ഈ ശരീരം അനുസ്യൂതം പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഒട്ടും പരിണമിക്കാതെ എൻ്റെ അനുഭവം അല്ലേ അനുഭവത്തിൽ നമുക്കൊരു പരിണാമമില്ലല്ലോ അതേ ആളാണല്ലോ ഞാൻ പക്ഷെ ശരീരം രണ്ടു വയസ്സിലുള്ള ഫോട്ടോ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് മാറി രണ്ടു വയസ്സിലുള്ള ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അന്ന് ചിന്തിച്ചിരുന്നോ ഇന്ന് ചിന്തിക്കുന്നത് ചിന്തകളൊക്കെ മാറി നാലു വയസ്സിൽ എനിക്ക് എന്തൊക്കെ ആശയങ്ങളാണോ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ആശയങ്ങളൊന്നുമല്ല ഇന്ന് അന്ന് ഞാൻ എന്നെക്കുറിച്ച് എന്തൊക്കെ ഭാവന ചെയ്തിരുന്നോ ആ ഭാവനകളൊന്നും ഇന്നില്ല ശരീരം മാറി ഭാവനകൾ മാറി മനസ്സ് മാറി ബുദ്ധി മാറി വിശപ്പ് ദാഹത്തിൻ്റെ സ്വഭാവം മാറി ഉറക്കത്തിൻ്റെ നേച്ചർ മാറി ഏറ്റത്താഴുവുണ്ടായി ഉറക്കത്തിൽ എല്ലാം മാറിയിട്ടും അന്ന് ഏതൊരഹം ഞാൻ ഉണ്ടായിരുന്നു ആ ഞാൻ എന്നുള്ള അനുഭവം സത്താസാമാന്യം സത്താചിത് ഒരു മാറ്റവും കൂടാതെ തുടരുന്നു അതെന്താണത് ആ മാറാത്ത വസ്തു അതാണ് നമ്മളുടെ സ്വരൂപം അതാണ് ഞാൻ ഈ മാറുന്നതൊക്കെ ഞാൻ കാണുന്ന വസ്തുക്കളാണോ ഞാനല്ല ഏതൊക്കെ മാറുന്നുവോ അതൊക്കെ എന്നിൽ നിന്ന് അന്യമാണ് പ്രകൃതിയിലാണ് അതൊക്കെ നടക്കുന്നത് മാറാതെ നിൽക്കുന്നവനാണ് ഞാൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മാറുന്ന വസ്തുക്കളൊന്നും ഞാനല്ലെന്നും ആ മാറാതെ നിൽക്കുന്ന സത്യം മാത്രമാണ് ഞാനെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ മാറുന്നത് മാറട്ടെ ഞാൻ മാറാതെ ഇരുന്നാൽ പോരെ മാറാത്തതാണ് ഞാനെന്ന് അംഗീകരിച്ചാൽ പോരെ സത്തിനെ സ്വീകരിച്ചാൽ പോരെ സത്തിനെ സ്വീകരിക്കുന്നത് എങ്ങനെ നടക്കും സ്വീകരിക്കണം എന്ന് പറയണ്ടല്ലോ ആ സത്താണ് ഇപ്പൊ സത്തിനെ കാണിച്ചു തരുന്നുണ്ടല്ലോ ശരീരം പരിണമിക്കുന്നു മനസ്സ് പരിണമിക്കുന്നു ഞാൻ എന്നുള്ള അഭിമാനം പരിണമിക്കുന്നു അതിനൊക്കെ പുറകിൽ ഒരു പരിണമിക്കാത്ത സത്തയുണ്ട് ജാഗ്രതത്തിൽ ശരീരമുണ്ട് മനസ്സുണ്ട് ഞാനുണ്ട് സ്വപ്നത്തിൽ ശരീരമില്ല മനസ്സ് മാത്രം പ്രവർത്തിക്കണൂ ഞാനുണ്ട് സുഷുപ്തിയിൽ ശരീരവുമില്ല മനസ്സും പ്രവർത്തിക്കണില്ല ഞാനുണ്ട് സുഖമായി ഉറങ്ങുന്ന അവസ്ഥയിൽ ഈ വ്യക്തിത്വം സുഖരൂപത്തിൽ ഞാനുണ്ട് അപ്പൊ സുഷുപ്തി അവസ്ഥയിലും ഏതൊരു ഞാനുണ്ടോ ശരീരവും മനസ്സും ഉള്ളപ്പോഴും അതുണ്ട് ശരീരവും മനസ്സും ഇല്ലാത്തപ്പോഴും അതുണ്ട് ആ സത്ത ആ സത്യം അതാണ് എന്റെ സ്വരൂപം എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ചിക്കെന്ന് തെളിയുകയാണെങ്കിൽ കഴിഞ്ഞു അതേ വഴിയുള്ളൂ വേറെ അതിനാണ് പ്രത്യഭിജ്ഞ എന്ന് പറയാം ശബ്ദത്തിന് അചിന്യശക്തിയുണ്ട് ആര് സ്വാനുഭവമുള്ളവരോ അവർ പറയുമ്പോൾ ആ ശബ്ദത്തിൽ സ്ഫോടമുണ്ട് ധ്വനിയുണ്ട് ആ ശബ്ദത്തിനോടുകൂടെ ചിത്ശക്തി കലർന്നു വരും ശ്രദ്ധയും ആദരവോടുകൂടെ സ്വീകരിക്കാമെങ്കിൽ കേൾക്കുന്ന സമയത്തിൽ അത് അപ്പം തന്നെ അതാണ് അതിനുള്ള ഒരേ വഴി അങ്ങനെ വഴിയൊന്നുമില്ല ശ്രദ്ധാശക്തി ശബ്ദം കൊണ്ട് ആഹതമായിട്ട് നമ്മളിൽ ഇരിക്കും അപ്പോ ശ്രദ്ധ ശരീരം മനസ്സ് ബുദ്ധികളിലൊന്നും പെട്ട് കറപ്റ്റഡ് ആവാതെ സത്യത്തിൽ ലഗ്നമായിട്ട് തീരും അങ്ങനെ സത്യത്തിൽ ലഗ്നമായ ശ്രദ്ധയാണ് ചിത്തിശക്തി ആ ചിത് ശക്തിയാണ് ഹ്ലാദിനീ ശക്തി അതാണ് നമുക്ക് സ്വരൂപാനന്ദത്തിനെ തരുന്നത് ശാന്തിയെ തരുന്നത് നമ്മളെക്കുറിച്ച് നമ്മൾക്ക് ലാഭത്തിന് ഉണ്ടാക്കണത് നിജലാഭത്തിനെ തരുന്നത് അപ്പോ അജ്ഞാനത്തിനെ ആ ശ്രദ്ധാശക്തി നീക്കുകയും ചെയ്യുന്നു ജ്ഞാനത്തിനെ തെളിച്ചപ്പെടുത്തി തരികയും ചെയ്യുന്നു പരാം ശാന്തി മച്ചിരേണ അധികച്ചത് പരമമായ ശാന്തി ഉണ്ടാകുന്നു ം നികം പരമാകാശം ഗോഷപ്രാങ്കണരിണലോലമ പരമായാസം മായാക്കാരമ ഭുവനം ശമനാഥം പ്രണമത ോവിം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം ഗോപാളം ഭൂലീലാവിഗ്രഹോപം കുലഗോപാളം Gopi-khela-na-go-vardhana-dhita-lilā-lālita-gopālam ഗോപീേലോവർധനധൃതലീലാളിതോം ഗോഭിന്ഗദിത ഗോവിന്ദ സ്ഫുടനമാനം ബഹുനമാനം ഗോധീ ഗോചരദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം ഭജഗോവിം പരമാനന്ദം ഗോപീമണ്ഡലോഷ്ടീഭേം ഭേദമഭേദം ശോകുരനിർ ൂതോതൂളീധൂസരസൗഭാഗ്യം ശ്രദ്ധാഭക്തിഗൃഹീതമിന് ചിന്തിസദ്ഭാവം ചിന്മണിമം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം Paramanandam Paramanandam Govindam Paramanandam, Bhajam Paramanandam, Siddhanta Gocharam േദിദ്ധാത്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം യോ മമാത്മാവസി ത്വമ തോന്നം മമചിസ്തിയേഷ്ടം കൂരുമാം തഥൈവ ത്മനം ഭജ